ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും ഞങ്ങൾ അദ്ദേഹത്തിന് സമ്മാനമായി നൽകി അവരെയെല്ലാം ഞങ്ങൾ നേർവഴിയിലാക്കി അതിനു നൂഹ് അലൈഹി ഞങ്ങൾ നേർവഴിയിലാക്കി അദ്ദേഹത്തിന്റെ സന്തതികളിൽ ദാവൂദ് അലിഹിസ്ലാം സുലൈമാൻ അലിഹിസ്സലാം അയ്യൂബ് അലി ഇസ്ലാം യൂസുഫ് മൂസ അലൈഹി ഇസ്ലാം ഹാറൂൺ അലിഹിസ്സലാം എന്നിവരുമുൾപ്പെടുന്നു സൽക്കർമ്മം ചെയ്യുന്നവർക്ക് ഇപ്രകാരം ഞങ്ങൾ പ്രതിഫലം നൽകുന്നു